ഗീത രാമാനന്ദ്രീയുപഥി നിഖിലേയപ്പെടുത്തിനേക കല്യാണേകേതു സമസ്ത വസ്തു വിലക്ഷം അനന്ത ജാനന്ദേകുപഥി പതിയുടെ സ്വരൂപത്തെ കുറിച്ച് പറയും സ്വാഭാവിക അനവധിക ജ്ഞാന ഗതീ ശക്തി തേജപ്രകൃതി അസംഖ്യ കല്യാണ ഗുണ മഹോദ ഗുണഗണ മഹോദി ഗുണങ്ങളെ കുറിച്ച് പറഞ്ഞു അനുരൂപേകരൂപ അച്ന്തി ദിവ്യ അത്ഭുത നിത്യ നിരവധി നിരദിശ ഔജല്യ സൗന്ദ്രി സൗദ്ധി സൗകുമാര്യവനന്ദിവ്യൂപ അത് ദിവ്യ സ്വരൂപത്തെക്കുറിച്ച് ദിവ്യ വിഗ്രഹത്തെക്കുറിച്ചാണ് ദിവ്യരൂപ ദിവ്യ വിഗ്രഹത്തെ കുറിച്ച സോചിത വിവിധ വിചിത്ര അനന്ത ആശ്ചര്യ നിത്യ നിരവധി അപരിമിത ദിവ്യഭൂഷണ ദിവ്യ വിഗ്രഹത്തിലുള്ള അലങ്കാരങ്ങളെക്കുറിച്ച് പറയും ആഭരണങ്ങൾ സ്വ അനുരൂപ അസംഖ്യ ചിന്ത ശക്തി നിത്യ നിരവധി നിരവധി കല്യാണ ദിവ്യ ആയുധം ഞാൻ ദിവ്യ വിഗ്രഹത്തിലുള്ള ആയുധങ്ങളെക്കുറിച്ച് പറയും അവിടുത്തെ ശ്രീയെക്കുറിച്ച് പറയും സ്വാഭിമത നിത്യ നിരവധി സ്വരൂപ ൂപ ഗുണ വിഭവ ഐശ്വര്യ ശീതാദ്യ അനവധിക അതിശയ അസംഖ്യ ഗുണഗണശ്രീ വല്ല അതിൽ പറയുന്നത് രണ്ടു കാര്യങ്ങളാണ് സ്വരൂപരൂപ സ്ത്രീയുടെ സ്വരൂപം ശരീരൂപം എന്ന് പറയുമ്പോൾ വിഗ്രഹം ശരീരം ആ സ്വരൂപത്തിന് ആണ് ആദ്യം പറഞ്ഞത് നിത്യ നിരവധ്യ അത് വിശദീകരിച്ചു നിത്യ നിരവധ്യ സ്വരൂപം ആ സ്വരൂപത്തെ വീണ്ടും വിശേഷിപ്പിക്കേണ്ടത് സ്വാഭിമതവും അനുരൂപവുമാണ് ശ്രീപതിക്ക് അഭിമതം ഇഷ്ടവും യോജിച്ചതുമാണ് ഇഷ്ടപ്പെട്ടത് യോജിച്ചതാണ് അതാണ് ആദ്യം വിശദീകരിച്ചത് അതിവിടെ വിശദീകരിച്ചു പിന്നെ രൂപം ആ രൂപത്തിനും ഈ വിശേഷങ്ങളെല്ലാം രൂപം സ്വാഭിമതമായിരിക്കണം അനുരൂപമായിരിക്കണം നിത്യമായിരിക്കണം അത് പറഞ്ഞ് അനുരൂപമായിരിക്കണം അതും പറഞ്ഞു സ്വരൂപ രൂപ പിന്നെ വരുന്ന ഗുണങ്ങൾ അത് അടുത്തു പറയുന്നതാണ് വിഗ്രഹ ശരീരത്തിൻ്റെ ഗുണങ്ങൾ അതും പൂർവത്തോട് അന്വേഷിക്കണം ആ ഗുണങ്ങൾ നിത്യമായിരിക്കണം നിരവധിയുമായിരിക്കണം പിന്നെ സ്വാഭിമതമായിരിക്കണം അനുരൂപമായിരിക്കണം വിഷ്ണുവിന് അഭിമതവും അനുരൂപമായിരിക്കണം നിത്യവും നിരവധിയുമായി അത് പറഞ്ഞ് നിത്യത്തൊന്നാമോ ഔജ്ജല്യാതേഹ കഥാചിത്ത് അപകർഷാർജ്ജാവ ഔജ്ജല്യ എന്നൊക്കെ നേരത്തെ പറഞ്ഞത് സൗന്ദര്യ സൗജീയ സൗകുമാ ലാവണ്യ എന്നെല്ലാം പറഞ്ഞു ആ പറഞ്ഞതെല്ലാം യാതൊരു ന്യൂനതയില്ല ഇവിടെ വിഗ്രഹഗുണങ്ങൾ അവിടെ വരുന്നു നിരവധിത്വം അത് വിഗ്രഹഗുണങ്ങളിലാണ് ഇതെല്ലാം സ്വരൂപത്തിനും രൂപത്തിനും വിഗ്രഹ ഗുണങ്ങളെല്ലാം പ്രത്യേകം അന്വയിച്ച അർത്ഥം പറയണം വ്യാഖ്യാനത്തിൽ എന്ന് വെച്ചാൽ സ്ത്രീയുടെ സ്വരൂപം എന്താണെന്ന് മനസ്സിലാക്കണം രൂപം വിഗ്രഹം എന്താണെന്ന് മനസ്സിലാക്കണം പിന്നെ അവിടെയുള്ള ഗുണങ്ങൾ എന്താണെന്ന് മനസ്സിലാക്കണം അപ്പൊ ആ ഗുണങ്ങളുടെ നിരവധിത്വം എന്ന് പറയുന്ന ദുഷ്പ്രേക്ഷതാദിരാഹിത്യം കാണാൻ കൊള്ളാത്ത ഒന്നുമില്ല ചുരുക്കം ദുഷ്പ്രേക്ഷത ഗുണങ്ങളിൽ ഈക്ഷണയോഗ്യമല്ലാത്ത ദർശന യോഗ്യമല്ലാത്ത ഒന്നും കാരണം എന്താ അത് അങ്ങനെയെല്ലാം പറയുന്നത് ഇതെല്ലാം ഭക്തന് ഭാവനയാണ് അപ്പൊ അവിടെ മോശം ഭാവനയൊന്നും വരാൻ പാടില്ല പിന്നെ അവിഗ്രഹ ഗുണങ്ങൾ അനുരൂപമായിരിക്കണം ആർക്ക് ശ്രീയപതിക്ക് വും ഘന കനകുതി ഇവ ദശാമഭിമുഗ്ധ്രീ ഗുണരത്ന കോശ പരാശരഭട്ടർ എഴുതിയിരിക്കുന്ന അറുപത്തിയഞ്ച് പദ്യങ്ങളാണ് ഇരുപത്തൊമ്പത് നിലയിൽ കൊടുത്തിരിക്കുന്നു പക്ഷേ ഇപ്പൊ കിട്ടുന്ന ഇതിൽ മുപ്പത്തഞ്ചാമതായിട്ടാണ് ഈ പദ്യം കാണുന്നത് മുപ്പത്തഞ്ചാമത്തെ പദ്യമായിട്ട് അപ്പൊ അവിടെ പറയുന്ന എന്താണ് രണ്ടുപേര് ഇവിടെ ശരിക്കും ഇത് ശ്രീരംഗത്തിലുള്ള വിഷ്ണുവിൻ്റെയും ലക്ഷ്മിയുടെയും ആ വിഗ്രഹത്തെ അഭിസംബോധന ചെയ്തുകൊണ്ട് എഴുതിയിരിക്കുന്ന പദ്യങ്ങളാണ് പ്രധാനമായും ലക്ഷ്മിയെ സ്തുതിച്ചുകൊണ്ട് ഇദ്ദേഹം ലക്ഷ്മിയുടെ ഒരു ഭക്തനാണ് സ്ത്രീയുടെ ഭക്തനാണ് അവിടെ രണ്ടുപേരുടെയും താരതമ്യപ്പെടുത്തി പറയാണ് വിഷ്ണുവാണെങ്കിൽ ഘനശ്യ ഘനശോഭയുള്ളവനാണ് ഘനം എന്ന് പറഞ്ഞാൽ മേഘത്തിൻ്റെ ലക്ഷ്മിക്കാണെങ്കിൽ കനകദ്വിതിയാണ് കനകം എന്ന് പറഞ്ഞാൽ സ്വർണ്ണം ദുതിയാണ് സ്വർണ്ണത്തിന്റെ ശോഭം അറിയുള്ളൂ അത് കഴിഞ്ഞിട്ട് പിന്നെ അവർ രണ്ടുപേരുടെ ആഭരണങ്ങളെക്കുറിച്ച് പറയുന്നു രണ്ടുപേരുടെയും അവസ്ഥയെക്കുറിച്ച് പറഞ്ഞു അവരുടെ അവർ നിത്യയോഗനും എന്ന് നേരത്തെ പറഞ്ഞല്ലോ നിത്യയുഗത്വമാണ് പിന്നെ അവരുടെ ഇരിപ്പിനെ കുറിച്ച് പറയുന്നു ഇതെല്ലാം പരസ്പരം ചേരുന്നതും ഇതിനനുസരിച്ച് യോഗിക്കുന്ന ആഭരണങ്ങൾ ഉള്ളവരാണ് എന്നെല്ലാം പറഞ്ഞു കേവലർ വർണ്ണനയല്ല സ്തുതിയല്ല സാധാരണ നമ്മൾ സ്തുതികളൊക്കെ വായിക്കണം ഇത് മുഴുവൻ അഭിമുഖം അഭിമുഖീകരിച്ചുള്ള സംഭാഷണമാണ് രണ്ടുപേരെയും എന്താണ് അഭിസംബോധന ചെയ്തുകൊണ്ട് സംസാരിക്കുകയാണ് അങ്ങനെ അഭിസംബോധന ചെയ്ത് സംസാരിക്കുമ്പോൾ രണ്ട് പ്രതിമയെന്നുള്ള രീതിയിലല്ല ആ പ്രതിമയിൽ ചേതനത്വത്തെ കണ്ടുകൊണ്ട് അത് സചേതനമായി കണ്ടുകൊണ്ട് ശരിയോടെ പ്രതിമയാണ് വർണ്ണയക പ്രതിമയ്ക്ക് യോജിക്കുന്നതാണ് പക്ഷേ ഈ പരാശര ഭട്ടരെ സംബന്ധിച്ചിടത്തോളം പ്രതിമയല്ല അത് രണ്ട് ശരിക്കും അതെന്താണ് ഭൂമിയിൽ സ്ഥിതി ചെയ്യുന്ന സ്ത്രീയും സ്ത്രീയുടെ പതിയുമാണ് ആ അർച്ചാവതാരം അപ്പൊ അതൊരു വിഗ്രഹമായിട്ടോ അത് ഒരു ഭക്തന്റെ ഒരു പ്രത്യേകതയാണ് അപ്പോ ഞാനൊരിക്കും കേരളത്തിൽ നിന്നൊരു സ്വാമിയും കൊണ്ട് ഇവിടെ പോയി ഇവിടെ ബദരി ബദരി വളരെ കഷ്ടപ്പെട്ട് അവിടെ ചെന്നു തണുപ്പും അസഹ്യമായ തണുപ്പും വഴി യാത്രയിൽ ഒരുപാട് ഉപദ്രവങ്ങളുണ്ടായി ആരോഗ്യപ്രശ്നമുണ്ടായി കഴിച്ച ഭക്ഷണം പിടിച്ചില്ല അതിൻ്റെ മരുന്ന് പിന്നെ കഴിക്കേണ്ടി വന്നു രാത്രി വഴിയിൽ തങ്ങേണ്ടി വന്നു ഒരുപാട് ബുദ്ധിമുട്ടുകളുണ്ടായി അവിടെ ചെന്നു അപ്പോൾ വൈകുന്നേരം അവിടെ എന്താണ് ക്ഷേത്രത്തിലെ ദർശനത്തിന് പോയി ദർശനമൊക്കെ കഴിഞ്ഞ് പുറത്തിറങ്ങി വന്നപ്പോ ഞാൻ ചോദിച്ചു എങ്ങനെയുണ്ട് ഇത്രയും കഷ്ടപ്പെട്ട് വന്നതല്ലേ എന്നുള്ള രീതിയിൽ ഞാൻ ചോദിച്ചു എന്നോട് ചോദിക്കണം ഇത് കല്ലാണോ തടിയാണോ ഇത് കല്ലാണോ തടിയാണോ ഇതാണ് ഇദ്ദേഹത്തിന് അറിയേണ്ടത് അപ്പോ എങ്ങനെ ഇതൊക്കെ മനുഷ്യൻ കാണുന്നു രീതിയിലാണ് ഇപ്പോ ഇവിടെ കല്ലും തനിയായിട്ടൊന്നും അല്ല കാണുന്നത് അവിടെ വിഷ്ണുവായും ലക്ഷ്മിയായും കണ്ടുകൊണ്ട് അഭിസംബോധന ചെയ്ത് സംസാരമാണ് സ്തുതിയായിട്ട് മാറിയത് അപ്പൊ വൈഷ്ണവന്റെ വളരെ പ്രസിദ്ധമാണ് ഈ എന്ന് പറയുന്ന ഈ പ്രതി മനോഹരമായ സംസ്കൃത ഭാഷയിൽ എഴുതിയിരിക്കുന്ന വളരെ മനോഹരമായ കൃതികളാണ് കൃതിയാണ് പദ്യങ്ങളാണ് അപ്പോൾ അവിടെ ഭക്തൻ്റെ ഒരു മാനസിക ഭാവം എന്ന് പറയുന്നത് തടിയായിട്ടോ കല്ലായിട്ടോ പ്രതിമയായിട്ടോ അങ്ങനെയൊന്നുമല്ല അതൊരു ഒരു വൈകാരികതയുണ്ട് അതിനകത്ത് എന്നതിനകത്തൊരു തത്വചിന്തയുമുണ്ട് രണ്ടുമുണ്ട് രണ്ടു ഭാഗങ്ങളും വരും ഒരു കുട്ടിയുടെ കയ്യിലൊരു പാവ കൊടുത്തു കഴിഞ്ഞാൽ ആ കുട്ടി അതിനെ അതിൽ എന്താണ് ചേതനത്വത്തെ ആരോപിച്ചിട്ടാണ് പിന്നെ അതിനോടുള്ള ഇടപാടല്ല അതിനോട് കളിക്കുന്നു ചിരിക്കുന്നു സംസാരിക്കുന്നു കുളിപ്പിക്കുന്നു ആഹാരം കൊടുക്കുന്നു അപ്പൊ അതിന് നമ്മൾ പറയാതൊരു മൂഢതയാണ് ശിശു എന്തുകൊണ്ട് അങ്ങനെ പെരുമാറുന്നു മുതിർന്നവർക്ക് കാണുമ്പോൾ എന്താണ് ഒരു കൗതുകകരമായി ഒരു വിനോദമായി തോന്നും എന്നിട്ട് അവർ സ്വയം കരുതുന്ന എന്താണെങ്കിൽ ശിശുവിൻ്റെ മൂഢതയാണ് ശിശുവിന് ബോധമില്ലാതുകൊണ്ടാണ് അതെല്ലാം ചെയ്യുന്നത് എന്ന് പറയും പക്ഷേ ശിശു അതിൽ ആനന്ദിക്കുന്നു ഇതിൻ്റെ വേറൊരു ഭാവമാണ് ഭക്തി എന്ന് പറയുന്ന വൈകാരിക എന്ന് പറയുന്നത് അത് എല്ലാ ബ്രെയിനിലും അങ്ങനെയുള്ള ഒരു ഭക്തി ഉണ്ടാകത്തില്ല അങ്ങനെ ഒരു പ്രശ്നം കൂടെ വേണം പ്രത്യേക ബ്രെയിൻ വേണം അത്തരത്തിലുള്ള മനസ്സല്ല ബ്രെയിൻ ഉണ്ടായാലേ അത്തരത്തിലുള്ള ഒരു വൈകാരികതയും ചിന്തയും അങ്ങനെ ഒരു മനോഭാവവും എല്ലാം ഉണ്ടാകട്ടെ അപ്പം ആര് ഞാൻ ഈ കൃതിയെക്കുറിച്ച് പറയാം ഗുണരത്നം കുറിച്ചും അതുപോലെ ഭാവം അതിൽ ആദ്യന്തം ഉടനീളം ദർശിക്കാം അഭിസംബോധന ചെയ്തിട്ട് ശരിക്കും എന്താണ് ദേവനും ദേവിയുമായി കണ്ടുകൊണ്ട് സ്തുതിയും വർണ്ണനകളും അപ്പൊ അതിനാണ് ഇവിടെ ഉദാഹരണമായിട്ട് പറയുന്നത് അപ്പോൾ വിഗ്രഹ ഗുണങ്ങളിൽ എന്താ പറയുക നിത്യമായിരിക്കണം നിരവധ്യമായിരിക്കണം എന്ന് വെച്ചാൽ വിഗ്രഹ ഗുണം പറയുമ്പോൾ കാണുന്ന ഗുണം ഇവിടെ പരാശരപക്ഷ കാണുന്ന ആ ഗുണം ആ കാണുന്ന രൂപത്തിലുള്ള ഗുണങ്ങൾ വിഗ്രഹം എന്ന് പറയുമ്പോൾ നമ്മൾ സാറിന് പറയുന്ന വിഗ്രഹമല്ല വിഗ്രഹം എന്ന് പറഞ്ഞാൽ നമ്മൾ എന്താ പറയുന്നത് പ്രതിമ എന്നാണ് നമ്മൾ പറയുന്നത് വിഗ്രഹം ഇവിടെ വിഗ്രഹം എന്ന് വെച്ചാൽ പ്രതിമ എന്നർത്ഥമുണ്ട് പിന്നെ എന്താണോ ഈശ്വരന്റെ ശരീരം ആയിട്ടാണ് വിഗ്രഹം എന്ന് പറയും എന്താണ് വിഗ്രഹത്തിൻ്റെ മുമ്പ് ചെന്ന് നിന്നിട്ട് മനുഷ്യൻ കണ്ണടച്ച് പ്രാർത്ഥിക്കുന്നു അപ്പൊ വിഗ്രഹത്തെ അല്ല വിഗ്രഹത്തിലൂടെ എന്താണ് വൈഫൈ കണക്ഷനാണ് ദൈവവുമായിട്ട് സാക്ഷാത് ദൈവവുമായിട്ട് കണക്ഷൻ ഉണ്ടാക്കുകയെന്നൊക്കെ ഇങ്ങനെ അദ്വൈതികളൊക്കെ പ്രസംഗിക്കുന്നതൊക്കെ കൂടുതൽ അദ്വൈതികളും വിവരമില്ലാത്ത ഭക്തന്മാരും ഒക്കെ പ്രസംഗിക്കുന്നത് വൈഫൈ കണക്ഷനാണ് അവിടെ ഉണ്ടാക്കുന്നത് ഭക്ത അങ്ങനെയൊന്നുമല്ല അവിടെ വേറെ വൈഫൈ കണക്ഷൻ ഒന്നുമില്ല അവിടെ ഭക്തൻ കാണുന്ന എന്തിനാണ് ഈശ്വരന്റെ ശരീരമാണ് കാണുന്നത് അല്ലാതെ കണ്ണടച്ചിട്ട് വേറെ അതിലൂടെ വേറെ കണക്ഷ ഉണ്ടാക്കി വേറെ ദൈവവുമായിട്ട് ബന്ധപ്പെടുന്നതെന്ന് ശരിക്കും ഈശ്വരനെ തന്നെ കണ്ടുകൊണ്ടാണ് അവിടെ ഭജിക്കുന്നത് സ്തുതിക്കുന്നതും പ്രാർത്ഥിക്കുന്നതും സംസാരിക്കുന്നതും അത് ഇത്തരം കൃതികളിലത് വ്യക്തമാണ് എന്താണ് ഈ വിഗ്രഹ ആരാധന പറഞ്ഞാൽ കല്ലും മറ്റയാൾ ചോദിച്ചല്ല കല്ലും തടിയൊക്കെ വെച്ച് ആരാധിക്കുന്നു എന്ന് പറഞ്ഞാൽ അതിൻ്റെതിരായിട്ട് ഒരുപാട് ആക്ഷേപങ്ങളുണ്ടായി മറ്റുള്ളവരതിനെ പരിഹസിക്കാനും നിന്ദിക്കാനും ഒക്കെ തുടങ്ങി അതിൻ്റെ ശരിക്കുള്ള വിഗ്രഹ ആരാധന എന്നൊന്നും മനസ്സിലാക്കാത്ത ആൾക്കാർ അപ്പൊ അതിന് ആ പരിഹാസത്തിന് യുക്തിയിലൂടെ മറുപടി പറയാൻ വേണ്ടിയിട്ടാണ് ഇവിടെയുള്ള എന്താണ് ഭക്തിയില്ലാത്ത യുക്തന്മാർ കണ്ടുപിടിച്ച ഒരു വിദ്യയാണ് ഇതെന്താണ് വിഗ്രഹം എന്ന് പറയുന്നത് വെറും വെറും ഒരു സാധനമാണ് അതിനകത്തൊന്ന് അങ്ങനെ വെറും സാധനമാണെങ്കിൽ പിന്നെ എന്തിനാണ് അതിനെ കുളിപ്പിക്കുന്നു എന്തിനാഭരണങ്ങൾ അണിയിക്കുന്നു വസ്ത്രം എന്തിനും ലഭിക്കുന്നു എന്തിനു ഭക്ഷണം കൊടുക്കുന്നു അതൊക്കെ എന്തിനാണ് ചെയ്യും അപ്പൊ ഈ പൂജിക്കുന്നവനും പിന്നെ അവൻ്റെ മനസ്സിൽ ഇങ്ങനെ തന്നെ വരും ഇത് വെറുതെയാണ് ഇതിലൂടെ വേറെ എന്തോ കണക്ഷൻ ഉണ്ടാക്കിയെടുക്കുകയാണ് അങ്ങനെയല്ല ഇവിടെ വൈഷ്ണവ സമ്പ്രദായത്തിൽ പറയും അത് ശരിക്കും എന്താണോ ദേവതാരൂപം തന്നെയാണ് ദേവത തന്നെയാണ് വിഗ്രഹം എന്ന് പറയുന്നതിന് അവിടെ കല്ലും തടിയെന്നുള്ള അർത്ഥമില്ല എന്താണ് ആ ഈശ്വര ശരീരം തന്നെയാണ് ആ രീതിയിലാണ് പ്രതിഷ്ഠകൾ പ്രതിഷ്ഠകൾ പ്രതിഷ്ഠകളെയാണ് അവരങ്ങനെ കണക്കാക്കുന്നത് അത് മറ്റുള്ളവർക്ക് അത് മനസ്സിലാകത്തില്ല കാരണം അത് മനസ്സിലാക്കുന്ന ഒരു കാര്യമല്ല യുക്തിയുണ്ട് വിചാരം ചെയ്ത് നിരൂപണം ചെന്ന് ചെയ്തതെന്ന് മനസ്സിലാക്കുന്ന ഒരു കാര്യമുണ്ട് അതൊരു വൈകാരിക ഭാവം ആ വൈകാരിക ഭാവമുള്ളവർക്ക് അത് മനസ്സിലാവും അല്ലാത്തവർക്ക് എങ്ങനെ മനസ്സിലാവും അല്ലാത്തവർ ഈ പറയുന്നത് തടിയാണോ അത് മരമാണോ എന്ന് ചോദിക്കും അപ്പോൾ അങ്ങനെ ഒരു ആക്ഷേപം വന്നപ്പോൾ അതിന് മറുപടി കണ്ടെത്തിയാണ് ഇന്ന് പ്രചാരത്തിലിരിക്കുന്ന എന്താണ് വിഗ്രഹം കല്ലാണെന്ന് അതിൻ്റെ അപ്പുറത്ത് വേറെ ദൈവമുണ്ടെന്നൊക്കെ പറയുന്ന രീതി ഇതൊന്നും ഈ വൈഷ്ണവ സമ്പ്രദായത്തിൽ അങ്ങനെയല്ല അത് അവർ മനസ്സിലാക്കുന്നു അതുകൊണ്ടാണ് നമ്മൾ ഈ അദ്വൈതമൊക്കെ പഠിക്കുന്ന ഒരു യുക്തിപരമായി ഇതിനെക്കുറിച്ചൊക്കെ ചിന്തിച്ച് യുക്തിപരമായി ഇതൊക്കെ വ്യാഖ്യാനിക്കുമ്പോൾ ഭക്തന്മാർ കൊല്ലാംബരന്റെ അതുകൊണ്ടാണ് കാരണം ഭക്തനെ സംബന്ധിച്ചിടത്തോളം എന്താണ് ഇത് യുക്തിക്ക് വഴങ്ങുന്ന കാര്യമല്ല അവരുടെ വൈകാരികമായ ഒരു വിഷയമാണ് അവർക്കത് മറ്റേ കാണാനോ രസിക്കാനോ ഒന്നും അവർക്ക് കഴിയത്തില്ല അപ്പൊ അവർ ക്ഷോഭിക്കും ശരിയായ ഭക്തന്മാരുടെ കാര്യം പറയുകയാണ് അതുകൊണ്ടാണ് ഈ വിഗ്രഹമൊക്കെ എടുത്തുകൊണ്ട് ഓടിയത് മുസ്ലിങ്ങളൊക്കെ ഒന്ന് ആക്രമിച്ചപ്പോ വിഗ്രഹം എടുത്തുകൊണ്ട് ഓടി ഓടി അമ്പത് വർഷം ഓടി നടന്നു എന്ന് പറയുന്നതാണ് കാരണം അവരെ സംബന്ധിച്ചിടത്തോളം വിഗ്രഹമാണ് അവരെ സംബന്ധിച്ചിടത്തുള്ള അവർ എന്താണ് ഈശ്വരനെ എടുത്തുകൊണ്ട് ഓടുകയാണ് അതാണ് എൻ്റെ വ്യത്യാസം അതുകൊണ്ട് ഈ അദ്വൈതികളുടെ ഭക്തി വേറെയാണ് ഭക്തന്റെ ഭക്തി വേറെയാണ് രണ്ട് രണ്ടാണ് വിഭവസ്യനുരൂപത്വം ദൈവത്തിരിയും മനുഷ്യേഷു പുന്നാമ ഭഗവാൻ ഹരി സ്ത്രീ നാമിനി ലക്ഷ്മി മൈത്രേയ നാനയൂർ വിദ്യതെ പരം ഇത് ഞാൻ മുമ്പ് പറഞ്ഞിട്ടുള്ളതാണ് വിഷ്ണു പുരാണത്തിൽ ജീവകോടികൾ എന്ന് പറയുമ്പോൾ എന്താണ് ദേവന്മാര് തിരിയക്കുകൾ തിരിയക്കുകൾ എന്ന് പറഞ്ഞാൽ എന്താർത്ഥം തിരച്ചീനമായി സഞ്ചരിക്കുന്നു എന്നുള്ളതാണ് പട്ടിയും പശുവും തിരിയക്കുകളാണ് പാരലായി സഞ്ചരിക്കുന്നത് നമ്മുടെ ഈ ബൈപ്പഡലിസം എന്ന് പറയുന്ന ശേഷിയില്ലാത്തവർ പിന്നെ മനുഷ്യർ മൂന്ന് പേര് ഈ മൂന്ന് ആണ് ജീവികൾ പിന്നെ തിരിയൊക്കെ കൊണ്ട് പക്ഷികളെയും പെടുത്തങ്ങൾ അതും ഇങ്ങനെയുള്ള സാ പാരലായിട്ടാണല്ലോ ഭൂമിക്ക് പാരലായിട്ടാണല്ലോ അത് സഞ്ചരിക്കുന്നു ഇതിൽ എന്താണ് ഇതിലൊന്നും പുരുഷന്മാരല്ല ഇതിൽ പുരുഷന്മാരുണ്ടെന്ന് വിചാരിക്കുന്നെങ്കിൽ അതിൽ കാര്യങ്ങളില്ല എന്തുകൊണ്ട് പുരുഷനായിട്ട് ലോകത്തൊരാളേ ഉള്ളൂ ഒരാളെ പുന്നാമ ഭഗവാൻ ഹരി ഹരിയേ ഉള്ളൂ പുരുഷനായിട്ട് എന്ന് പറഞ്ഞാൽ എന്താ അതിൻ്റെ അർത്ഥമുണ്ട് പുരുഷവർഗമില്ലെന്നാണോ അല്ല പുരുഷൻ എന്ന് പറയുമ്പോൾ അതിന് ചില യോഗ്യതകളൊക്കെ ഉണ്ട് ആ യോഗ്യതകളെല്ലാം കാണുന്നത് ഹരിയിൽ മാത്രമാണ് വേറെ എന്നാണ് എന്ന് വിചാരിച്ച് സ്ത്രീകൾ ഞടിയേണ്ട കാര്യമില്ല ഇതേ വർഗങ്ങളിൽ തന്നെ സ്ത്രീകളും ഉണ്ട് പക്ഷെ സ്ത്രീ എന്ന് പറയുന്നത് എന്താണ് സ്ത്രീ ലക്ഷ്മി സ്ത്രീ എന്ന് പറയുന്നതും ഒരാളെയുള്ളൂ അതിനൊന്നും കാണുന്ന സ്ത്രീകളൊന്നും സ്ത്രീയല്ല അനയൂർ വിദ്യതെ പരം ഇനി അതിനപ്പുറം എവിടെയെങ്കിലും പോയി സ്ത്രീയോ പുരുഷനെയോ അപ്പൊ സ്ത്രീയുടേതായ എല്ലാ ഗുണഗണങ്ങളും യോജിച്ചത് പുരുഷൻ്റെതായ എല്ലാ ഗുണഗണങ്ങളും യോജിച്ചത് രണ്ടുപേരിലെ കാണാൻ പറ്റൂ ഹരിയിലും ലക്ഷ്മിയിലും നമ്മൾ ശിവനിലും പാർവതിയിലും ഇല്ലേ എന്ന് ചോദിക്കും അത് അവിടെ അവിടെ ചിടുമ്പോൾ അത് അങ്ങനെ പറയും ഇവിടെ വരുമ്പോൾ വൈഷ്ണവന്മാരുടെ ഇടയിൽ വരുമ്പോൾ എന്താണ് ഇതാണ് അപ്പൊ ഈ ഇവിടെ ഉള്ള ഈശ്വര വിശ്വാസവും ഈശ്വര സങ്കല്പവും ഈശ്വര ആരാധനയും ഈശ്വരനെ കുറിച്ചുള്ള സങ്കല്പങ്ങളും എല്ലാം മൊത്തത്തിൽ നോക്കിയാൽ നമുക്ക് മനസ്സിലാക്കാവുന്ന ഒരു കാര്യം എന്താണ് ഈ പ്രാപഞ്ചികമായ എന്തിലും മനുഷ്യനായാലും ശരി മറ്റ് ജീവികളായാലും ശരി ഇതിലെല്ലാം ഉള്ള എന്തൊക്കെ പോരായ്മകളുണ്ടോ ന്യൂനതകൾ കുറവുകൾ ഉണ്ടോ അതിനെയെല്ലാം നിഷേധിച്ചുകൊണ്ട് നേരി നേരി വളരെ ഉത്തമമായ ഒരു സങ്കല്പം അതാണ് അത് ഇവിടെ പുരുഷൻ ഹരിയാണ് സ്ത്രീ ലക്ഷ്മിയാണെന്നൊക്കെ പറയുന്നു മനുഷ്യരിൽ ഉണ്ടല്ലോ പുരുഷനും മരും സ്ത്രീയിലും പല ന്യൂനതകളുമുണ്ട് ഇതൊന്നുമില്ലാത്തവർ പുരുഷനെ സ്ത്രീയെ സങ്കൽപ്പിക്കുകയാണ് ഭക്തൻ അങ്ങനെ സങ്കൽപ്പിക്കുമ്പോഴാണ് അത് ദൈവം ദേവത അങ്ങനെ മാറുന്നത് ഇതിൻ്റെയൊക്കെ ഏറ്റവും ആത്യന്തികമായിട്ടതാണ് കാരണം എന്താണ് ഈശ്വരീയമായി താൻ ആരാധിക്കുന്നത് പൂർണ്ണമായിരിക്കും അദ്വൈതിയുടെ നിലപാട് ഇത് തന്നെയാണ് അതുകൊണ്ടാണ് അദ്വൈതി പറയുന്നത് എന്താണ് പൂർണ്ണമത പൂർണ്ണവിധം എന്നൊക്കെ പറയുന്നതാണ് കാരണം പ്രാപഞ്ചികമായ ന്യൂനതയുള്ള ഒന്നിനെയും പരവുമായ ഒരു തത്വമായിട്ടോ ഈശ്വരനായിട്ടോ അംഗീകരിക്കാൻ കഴിയത്തില്ല അഭിന്നെന്താ ഈ പ്രാപഞ്ചിക വിഷയങ്ങളും വസ്തുക്കളും മനുഷ്യരും ഈശ്വരനൊന്നുമല്ല വ്യത്യാസം എന്താണോ അതുകൊണ്ട് അവരിങ്ങനെ ഭാവന ചെയ്ത് പ്രാപഞ്ചികമായ എല്ലാത്തിനെയും നിഷേധിച്ച് നിഷേധിച്ച് അത്യന്തികമായി അവരുടെ ഭാവനയുടെ അങ്ങേറ്റത്തെ അതിരിൽ പ്രതിഷ്ഠിക്കുന്നതാണ് ഈശ്വരൻ അല്ലെങ്കിൽ ബ്രഹ്മം ദേവി ദേവൻ ഈ സങ്കല്പങ്ങളെല്ലാം അതാണ് ഇതിന് ചുരുക്കത്തിന് മനസ്സിലാക്കേണ്ടത് അതാണ് അടുത്തു പറയുന്നു അതാണ് അനവധിക അതിശയം അതും എന്താണ് ആ വിഗ്രഹ ഗുണങ്ങളെക്കുറിച്ച് പറയുകയാണ് അനധികത്വ വചനാ ഈശ്വര വേതിരിക്ത അശേഷ ഗോചരസ്യ അഭിതൈശ്വര്യസ്യ ഈശ്വര അഭിമതത്വ എന്ന ദ്വൈരാജ്യാതി ദോഷ ഇത് വലിയ പ്രശ്നമാണ് ഐശ്വര്യം എന്ന് പറഞ്ഞാൽ എന്താണ് എന്നിട്ട് സർവശക്തികളും സർവവിഭവങ്ങളും എല്ലാം ഒരിടത്ത് കേന്ദ്രീകരിക്കുന്നതാണ് ഐശ്വര്യം എന്ന് പറയുന്നത് ഐശ്വര്യുക്തനാണ് എന്തൊക്കെ എന്താണ് കേമമായിട്ടുണ്ടോ അതെല്ലാം എന്താണ് സമ്പത്താണെങ്കിൽ അത് മറ്റ് എല്ലാം കൂടി ചേരുന്നതാണ് ഐശ്വര്യം അതിപ്പോൾ ഒരിടത്ത് കേന്ദ്രീകരിച്ചാൽ ഒരു വ്യക്തിയിൽ കേന്ദ്രീകരിച്ചു കഴിഞ്ഞാൽ പ്രപഞ്ചം മുഴുവൻ അതിനെ അതാണ് ഈശ്വരാധീനമാണ് ജഗത്സർവം എന്ന് പറയും ഈശ്വരാധീനം ജഗത്സവർവം എന്ന് പറയുന്നത് എന്താണ് എല്ലാ ഐശ്വര്യങ്ങളും ഉള്ളത് ഏതോ അതാണ് ഈശ്വരൻ സ്വഭാവമായിട്ടും ജഗത്തിൽ ഐശ്വരന് അധീനമായാൽ കഴിയും അങ്ങനെ നടക്കത്തുള്ളൂ ഈശ്വരൻ ഐശ്വര്യ യുക്തനായതുകൊണ്ടാണ് സർവം ഈശ്വരന് അധീനം എന്ന് പറയുന്നത് അപ്പൊ ഇവിടെ പറഞ്ഞു വരുമ്പോ ശരിയ പതിക്ക് എന്തെല്ലാം ഐശ്വര്യമുണ്ടോ അതെല്ലാം സ്ത്രീക്കും ഉണ്ട് ഇത് പ്രശ്നമാവും ഒരു കാട്ടിൽ രണ്ട് സിംഹം വന്നു കഴിഞ്ഞാൽ അവിടെ എന്ത് വരും രണ്ടു കാട് വരും രണ്ടുപേര് രണ്ടു തരത്തിൽ ഭരണം നടത്തും അങ്ങനെയൊരു പ്രശ്നം വരും അങ്ങനെ ഒരു ദോഷം വരും പൃഥ്വി ഇതൊക്കെ ചിന്തിക്കുന്ന പഴയ രാജഭരണകാലത്താണ് ഒരു രാജ്യത്തിൽ ഒരു രാജാവ് ഒരു ചക്രവർത്തി പോണം രണ്ട് ചക്രവർത്തിമാരിൽ നിന്ന് ഒരു രാജ്യം ഭരിക്കുകയാണെങ്കിൽ ഭരണം രണ്ടു വഴിക്കും പോവും ആകെ അലങ്കോലമാണ് അവിടെ ദ്വിരാജ്യം വരും പൊളിറ്റിക്സ് വരും എന്ന് പൊളിറ്റിക്സ് വരും അപ്പോൾ ഈ ഭരണാധികാരികളിൽ എന്താ ചെയ്യുന്നത് അയാൾക്ക് തൻ്റെ ഇച്ഛയ്ക്കനുസരിച്ച് തൻ്റെ ശക്തി കൊണ്ട് എല്ലാം നിയന്ത്രിക്കണം ഭരിക്കണം എന്നാണ് ആഗ്രഹമുണ്ടെങ്കിൽ മറ്റെല്ലാ സംവിധാനങ്ങളെയും അയാളെന്തെയും നിഷ്പ്രഭമാക്കും മലയാളത്തിൽ പറഞ്ഞാൽ എല്ലാം വടക്ക് നോക്കിയ യന്ത്രങ്ങളാണ് എന്നിട്ട് ഇയാളെന്തെയും എല്ലാ പവറും എല്ലാ അധികാരവും കയ്യിലെടുത്ത് എല്ലാവരെയും നിയന്ത്രിക്കും വേറെ ആർക്കും അവിടെ തല പോക്കാൻ പറ്റത്തില്ല പൊതുയോഗാധിപതികളിൽ അങ്ങനെയാണ് ചെയ്യുന്നു അവർ എല്ലാം ഒറ്റയ്ക്ക് ലോകം കണ്ടിട്ടുള്ള ഏകാധിപതികളെല്ലാം അങ്ങനെയാണ് അവരുടെ തീരുമാനം അവരുടെ സങ്കല്പം അങ്ങനെ നടക്കത്തു കുഴപ്പമില്ല പക്ഷേ അവിടെ ഒരാളെ പാടണം സർവൈശ്വര്യങ്ങളോടും കൂടിയ ഒരാളെ പാടണം മനുഷ്യരിൽ അങ്ങനെയാണ് കാണുന്നത് അതേ ശക്തിയോടുകൂടി വേറൊരാളോടുകൂടി വന്നാൽ രാജാവിൻ്റെ അധികാരം എല്ലാം മന്ത്രിക്കും കഴിഞ്ഞാൽ തീർന്നു പിന്നെ രാജാവിൻ്റെ ഭരണം ഒരു മന്ത്രിയുടെ പറഞ്ഞ ഒരു വഴിക്ക് പോകും പൊളിറ്റിക്സ് ഈ പൊളിറ്റിക്സിനാണ് ദൈവരാജ്യം എന്ന് പറയുന്നത് അവിടെ വരും അപ്പോ എന്ത് ചെയ്യും രാജാവും മന്ത്രിയും ഒതുക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കും മന്ത്രി രാജാവിനെ വീഴ്ത്താൻ ശ്രമിച്ചുകൊണ്ടിരിക്കും ആകെ കലാപമാണ് പക്ഷേ ഇവിടെ രണ്ടുപേർക്കും തുല്യമായ പവറുണ്ട് തുല്യമായ ഐശ്വര്യമുണ്ടെങ്കിൽ ഇവിടെ ദൈരാജ്യമില്ല പൊളിറ്റിക്സോ അല്പം പോലില്ല എന്തുകൊണ്ട് പറയുന്നു ഈശ്വര അനവധിക അതിശയത്വചന എന്താ പറയുന്നു ആ വിഗ്രഹ ഗുണങ്ങൾ അനവധികമാണ് അതിശയുമാണ് ഇത് തന്നെയാണ് കുറിച്ചും പറഞ്ഞത് അതുകൊണ്ട് ഈശ്വര വ്യതിരിക്ത അശേഷ ഗോചരസ്യ വിതഐശ്വര്യസ്യാണ് ആ ഐശ്വര്യത്തിന് ഈശ്വരൻ ഒഴികെ ഉള്ള സർവവും പ്രപഞ്ചം അതിന് വിധേയമാണ് അതിന് അധീനമാണ് ഗോചരം എന്ന് വെച്ചാൽ അധീനം അധീനമാണെങ്കിലും തത് അഭിമതത്വ അത് ഈശ്വരന് ഇഷ്ടമാണ് അതുകൊണ്ട് ഇനി പറയും രണ്ടുപേർക്കും പരസ്പര ഇഷ്ടമാണ് അവരവരുടെ ഐശ്വര്യങ്ങൾ എന്ന് പറയുന്നത് പരസ്പരം ഇഷ്ടവുമാണ് അനുരൂപവുമാണ് ഇത് മനുഷ്യർ കാണത്തില്ല മനുഷ്യരെ നോക്കുക രണ്ടുപേർക്ക് തുല്യ അധികാരമുള്ള ഒരേപോലെയുള്ള അധികാരം ഒരേപോലെയുള്ള ഐശ്വര്യ ഉള്ള രണ്ടുപേര് കൂടി ചേർന്ന് രാജ്യം ഭരിക്കും ഒരിക്കലും കാണക്കുക ജനാധിപത്യത്തിൽ പോലും അവിടെ എന്തെയും മന്ത്രിസഭയിൽ അത് തുക വല്ല ഉണ്ടായിരിക്കും പക്ഷേ നേതാവായിരിക്കുന്ന ആളെന്തെയും എല്ലാവരുടെയും അഭിപ്രായം ചോദിച്ചിട്ട് സ്വന്തം അഭിപ്രായം നടപ്പിലാക്കും അതാണ് സാധാരണ ചെയ്യുന്നത് അത് പറഞ്ഞത് മാനുഷികമായ എന്തെല്ലാം ഗുണങ്ങളും ദോഷങ്ങളും ഉണ്ടോ അതിനെല്ലാം നിരാകരിച്ചിട്ട് അമാനുഷികമായ ഒരു സങ്കൽപ്പം അതാണ് ഇവിടുത്തെ ദേവീദേവ സങ്കൽപ്പം എന്ന് പറയുന്നത് അപ്പൊ ഇവിടെ പൊളിറ്റിക്സ് ഇല്ല കാരണം എന്താണ് ലക്ഷ്മിയുടെ അല്ലെങ്കിൽ സ്ത്രീയുടെ ഐശ്വര്യങ്ങളെല്ലാം എന്താണ് ലക്ഷ്മിയുടെ പതിക്ക് അഭിമതമാണ് തിരിച്ചും അങ്ങനെയാണ് എന്ന് പറയും പിന്നെ പ്രശ്നമൊക്കെ പൊളിറ്റിക്സിന്റെ ആവശ്യപ്പെട്ടത് നമ്മൾ പറയാറുണ്ട് രണ്ടുപേരും പരസ്പര ഇംഗിതങ്ങൾ അറിഞ്ഞ് പ്രവർത്തിക്കും അപ്പോ ഇതൊക്കെ മനുഷ്യന് മാതൃക ആക്കാവുന്നുള്ള കാര്യങ്ങളാണ് ക്ഷേത്ര എളുപ്പമല്ല നമ്മൾ ആരും തന്നെ എന്താണ് നമ്മുടെ ഐശ്വര്യങ്ങൾ പോലെ മറ്റൊരാളുടെ ഐശ്വര്യത്തെ നമ്മൾ അംഗീകരിച്ചു കൊടുക്കത്തില്ല അവനൽപ്പം താഴ്ന്നിരിക്കണമെന്ന് നമ്മൾ ആഗ്രഹിക്കത്തു തുല്യത എന്ന് പറയുന്നത് പറച്ചല്ലയോളൂ വ്യവഹാരത്തിൽ പ്രവൃത്തിയിലേക്ക് വരുമ്പം ഒരു മനുഷ്യരും മറ്റൊരു ഒരു മനുഷ്യനും മറ്റൊരു മനുഷ്യന്റെ തുല്യത അംഗീകരിക്കത്തില്ല അംഗീകരിക്കും നിങ്ങൾ ആരെങ്കിലും അംഗീകരിക്കും ചിലടത്തൊക്കെ അംഗീകരിക്കും അംഗീകരിക്കാൻ പറ്റത്തില്ല കാരണം മനുഷ്യൻ ദുർബലനാണ് അതുകൊണ്ട് വിടാങ്കൻ ഉണ്ടാന്ന് പറയും അതുകൊണ്ട് എന്ന ദൈരാജ്യാധിതർ പൊളിറ്റിക്സ് അല്ല രണ്ടുപേരും തമ്മിൽ പൊളിറ്റിക്സ് വരും ഇതാണ് സാധാരണ നമ്മുടെ ലോകത്ത് കാണുന്ന എന്താണ് രണ്ടുപേരും തമ്മിൽ പൊളിറ്റിക്സ് വരും അടിച്ചു ഡിവോഴ്സ് അവിടെ ഈ ഡിവോഴ്സ് എന്ന് പറയുന്ന ഒരു പരിപാടിയില്ല അതിന്റെ ഏർപ്പാടുകളോടെയല്ല വക്കീല് കോടതി അങ്ങനെയുള്ള ഒരു ഏർപ്പാടും അവിടെയില്ല അതിന്റെ ആവശ്യം വരുന്നുണ്ട് മനുഷ്യലോകത്തിലു ഇല്ല അതനു അതിഗതോ വിഷ്ണുപത്ന വിഷ്ണുപത്നിത്വേഷേ ഈശ്വരീംഭൂതം എത്രൂത പ്രതിസംബന്ധനിർദ്ദേശ സ്ത്രീ പ്രത്യാപേണ ഈശ്വരപത്ന വിവക്ഷ ശക്തബലർ തഥി ഇവിടെ എന്താണ് തന്റെ പാണ്ഡിത്യ ഉപയോഗിച്ചിട്ട് ദേശീയർ ഈ പ്രശ്നത്തെ കുറിച്ച് ഒന്നുകൂടെ ഗൗരവമായിട്ട് ചർച്ച ചെയ്യുകയാണ് ശ്രീ ലാദ്യം യജുർവേദത്തിലുണ്ട് അസ്യ ഈശാന ജഗതോ വിഷ്ണുപത്നി അസ്യ ജഗത ഈശാന വിഷ്ണുപത്നി വിഷ്ണുപത്നി എന്ന് പറയുന്നത് ജഗത്തിന ഭരിക്കുന്ന ആളാണ് ഇത് വിഷ്ണു പത്നിത്വേഷിയാണെങ്കിൽ സർവസ്യ ജഗത്തെയും വേഷി അപ്പോ അവിടെ വിഷ്ണു പത്നി എന്ന് പറയുമ്പോൾ സ്വതന്ത്രമായിട്ടല്ല വിഷ്ണുവിന്റെ ഭാര്യ എന്നുള്ളതാണെങ്കിൽ ജഗതിനിനെ ഭരിക്കുന്നു സർവജഗത്തിനെയും ഭരിക്കുന്നു ആര് വിഷ്ണുവിന്റെ പത്നി വിഷ്ണുവിന്റെ പത്നിയായിട്ട് അങ്ങനെ ഒരാളുടെ പ്രതിനിധിയായി വേറെ ആൾ കാര്യങ്ങൾ ചെയ്യുക മാനേജരായിട്ട് ചെയ്യുക മന്ത്രിയായിട്ട് ചെയ്യുക എന്നൊക്കെ പറഞ്ഞു അവിടെ ഒരു പ്രാതിനിധ്യമാണ് അങ്ങനെ പറഞ്ഞിരിക്കുന്നു അപ്പൊ പ്രശ്നമില്ല വിഷ്ണുവിൻ്റെ പത്നിയെന്നുള്ള ലോകം മുഴുവൻ ഭരിക്കുന്നുണ്ടെന്നാണ് വിഷ്ണു ഭരിക്കുന്നത് പോലെ തന്നെ എന്ത് ചെയ്യുന്നു ശ്രീയും ഭരിക്കുന്നുണ്ട് പക്ഷേ ശ്രീ സൂക്തത്തിൽ പറഞ്ഞിരിക്കുന്ന അങ്ങനെയല്ല ഈശ്വരിയും സർവഭൂത്താണ് എന്നാണ് ഇത് കുറച്ച് സൂക്ഷ്മമായി പരിശോധിച്ചു കഴിഞ്ഞാൽ എന്താണോ ഒരു പ്രശ്നമുണ്ട് എന്നാണ് പറയുന്നത് എത്രത്തോ യ സർവഭൂതാനാം ഇതി പ്രതിസംബന്ധി നിർദ്ദേശമാണ് സർവഭൂതാനാം എന്ന് പറയുന്ന ഏത് വിഭക്തിയാണോ ഷഷ്ടി എന്ന് പറയുന്ന സംബന്ധാർത്ഥത്തിലാണ് പ്രതിസംബന്ധം എന്ന് വെച്ചാൽ തൊട്ട് മുമ്പ് എന്തിനാണോ പറഞ്ഞ അല്ലെങ്കിൽ തൊട്ടടുത്ത് എന്തിനാണോ പറഞ്ഞത് അതിനോടാണോ അതിൻ്റെ സംബന്ധം ഇപ്പൊ സർവഭൂതങ്ങളുടെയും ഈശ്വരിയായിരിക്കുന്നു എന്ന് പറഞ്ഞു സർവഭൂതങ്ങളെയും ഭരിക്കുന്നു ആ ഋശ്ശി എന്നാൽ കേട്ടോ അവര് നേരത്തെ എന്താ പറഞ്ഞത് വിഷ്ണുവിന്റെ പത്നിയായി ഭരിക്കുന്നു ഇവിടെ എന്ന് പറയുന്നു ഈശ്വരി ഭരിക്കുന്നു എന്ന് പറയുമ്പോ ഇവിടെ ആ വിഷ്ണു പത്നി എന്നുള്ള പരിഗണനയിലല്ല നേരിട്ട് ഭരിക്കും എന്നൊരർത്ഥം വരാം തന്റെ ഭർത്താവിനെ പരിഗണിക്കാതെ ഈശ്വരി എന്ന് പറഞ്ഞിരിക്കും ഈശ്വരൻ ഈശ്വര്യം എന്ന് വെച്ച് ഐശ്വര്യമുള്ളവൾ ഐശ്വര്യമുള്ളവൾ ഭരിക്കുന്നു അപ്പൊ താൻ സ്വതന്ത്രയായി വിഷ്ണുവിനെ പരിഗണിക്കാതെ പരിഗണി ഭരിക്കുന്നു എന്ന് വരും എന്നാണ് ഇത് പൂർവപക്ഷമാണ് പക്ഷേ സ്ത്രീ പ്രത്യാനുസരേണ ഈശ്വര പത്മീതി വിപക്ഷം പക്ഷേ അത് ശരിയല്ല ഈശ്വരി എന്ന് പറയുന്നിടത്ത് നമ്മൾ പഠിച്ചിട്ടുണ്ട് കും യോഗാതാഖ്യാനം ഗോപസ്യ സ്ത്രീ ഗോപി ഗോപന്റെ ഭാര്യ പറയുന്ന എന്താണ് ഗോപി എന്നാണ് ഗോപൻ എന്ന് പറഞ്ഞ എന്താർത്ഥം ഗാം പാതി ഗോപ പശുവിനെ നോക്കുന്നവനാണ് ഗോപൻ അപ്പൊ ഗോപിയാണെങ്കിലോ വീട്ടുജോലി ചെയ്യുകയാണ് അടുക്കളപ്പണിയാണ് ഗോപി എന്ന് പറയുന്ന അടുക്കളപ്പണി ചെയ്യുന്ന ആളാണ് ഗോപൻ എന്ന് പറയുന്ന പശുവിനെ നോക്കുന്ന ആളാണ് അപ്പൊ പിന്നെ അടുക്കളപ്പണി ചെയ്യുന്ന ഗോപന്റെ ഭാര്യ എന്തിനാ ഗോപി എന്ന് വിളിക്കുന്നത് പശുക്കളെ നോക്കിയിട്ടാണോ അല്ല അത് ഗോപന്റെ ഭാര്യ എന്നുള്ള രീതിയിൽ തന്നെയാണ് അപ്പോ ഗോപി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നോക്കുന്നവൾ എന്നുള്ള ഒരു പശുവി നോക്കുന്ന ഗോപന്റെ ഭാര്യ എന്നുള്ള ഒരു അർത്ഥമേ ഉണ്ട് ആ അർത്ഥത്തിലാണ് ഗോപി എന്നവർ പൊം യോഗത്തിൽ വന്നതാണ് അതുപോലെ നേരത്തെ എന്താ പറഞ്ഞത് ഈശ്വരി എന്ന് പറഞ്ഞാൽ ഈശ്വരന്റെ ഭാര്യ എന്നെടുങ്ങും ഈശ്വരന്റെ ഭാര്യ എന്നടങ്ങും ഈശ്വരന്റെ ഭാര്യയായിട്ടല്ല നോക്കുന്നു എന്ന് പറയുമ്പോൾ സ്വതന്ത്ര എന്നുള്ള അർത്ഥം അവിടെ എടുക്കണ്ട എന്നാണ് വിഷ്ണു പത്നി എന്ന് പറയുന്ന ആ അർത്ഥമുണ്ട് വിഷ്ണുവിൻ്റെ പത്നി ഈശ്വരി എന്ന് പറഞ്ഞാൽ ആ അർത്ഥം കിട്ടത്തില്ലെന്നാണ് പൂർവക്ഷ പറയുന്നത് ഈശ്വരൻ്റെ ഭാര്യ എന്ന് പറയുമ്പോൾ എന്താണ് അങ്ങനെ ഒരു അർത്ഥം കിട്ടത്തില്ല എന്ന് പറയും അവിടെ പും യോഗം കൊണ്ടുവന്ന ഒരു പേരാണ് സ്വതന്ത്രമായിട്ട് ചെയ്യുന്നു അതാണ് അടുത്ത് പറയുന്നത് എന്നൊരു പൂർവക്ഷം പറയുമ്പം പറയുന്നു നസക്കിയ അങ്ങനെ ഒരു വിവേക്ഷ വേണ്ട അങ്ങനെ ഒരു വിവേക്ഷ ഇവിടെ വേണ്ട പിന്നെ എന്ത് ചെയ്യണം തഥാപി വാക്യാന്തര ബലാദ അർത്ഥ്യ തഥാത്വസക്തി അതുകൊണ്ട് വാക്യാന്തരം കൊണ്ട് വിഷ്ണുപത്നി എന്ന് പറയുന്ന യജുർവാക്യ യജുർവേദ വാക്യം ഉണ്ടല്ലോ അതനുസരിച്ച് ഈശ്വരി എന്നുള്ളതിന് മനസ്സിലാക്കണം എന്താണ് ഈശ്വരി എന്ന് പറഞ്ഞാലും ഈശ്വരന്റെ ഭാര്യ എന്നുള്ള നിലയ്ക്ക് തന്നെയാണ് എന്ത് ചെയ്യുന്നത് അവിടെ എല്ലാത്തിനെയും ഭരിക്കുന്നു അല്ലാതെ സർവഭൂതാന എന്നുള്ള ഷഷ്ടി എടുത്തിട്ട് ആ ഷഷ്ടിയോട് ഈശ്വരിയെ നേരിട്ട് ബന്ധിപ്പിച്ചിട്ട് സർവഭൂതങ്ങളെയും ഈശ്വരി സ്വതന്ത്രമായി ഐശ്വര്യം ഉള്ളതുകൊണ്ട് നേരിട്ട് ഭരിക്കുന്നു എന്നുള്ളൊരർത്ഥം എടുക്കരുത് ഞാൻ ഇത്രയും പറഞ്ഞ കാര്യങ്ങൾ മനസ്സിലാവണമെങ്കിൽ ഒരൽപ്പം ഒരു ലേശം വ്യാകരണ ബുദ്ധി ഇവിടെ വേണം അത് മനസ്സിലായല്ലെങ്കിൽ വിട്ടുകളയുക അതിലൂടെ പറഞ്ഞുകൊണ്ടും ഞാനും പറഞ്ഞു എന്നുള്ളതേ ഉള്ളൂ ചുരുക്കം ഇതാണോ എന്താണ് ഈശ്വരി എന്ന് പറഞ്ഞാലും വിഷ്ണു പത്നി എന്ന് പറഞ്ഞാലും ഒരേ അർത്ഥം തന്നെയാണ് വ്യാകരണം പഠിച്ചുകൊണ്ടല്ലേ ഈ ആണിങ്ങനെ ഒരു ബുദ്ധി വന്നത് പഠിച്ചിട്ടില്ലാത്തവർ അങ്ങനെയൊന്നും ചിന്തിക്കേണ്ട കാര്യമില്ല എങ്ങനെ ചിന്തിക്കണം വിഷ്ണുപത്നി എന്ന് പറഞ്ഞാലും ഈശ്വരി എന്ന് പറഞ്ഞാലും ഒരേ അർത്ഥം എന്താണ് അർത്ഥം വിഷ്ണുവിൻ്റെ പത്നിയായി ലോകം മുഴുവൻ ഭരിക്കുന്നു സ്വതന്ത്രമായിട്ടല്ല ശ്വരി എന്നൊരു ഒറ്റ പദമാണ് അവിടെ സ്ത്രീപ്രത്യം വന്നെയാണ് അല്ലാതെ മറ്റേ വാക്യം കണ്ടതുകൊണ്ട് ഏത് വിഷ്ണു പത്നി എന്ന് പറയുന്ന ഒരു വാക്യത്തിൽ വിഷ്ണുവിൻ്റെ പത്നി എന്ന് പറഞ്ഞിരിക്കുന്നുണ്ട് അതാണ് പറഞ്ഞത് വാക്യാന്തര ബലാ അർത്ഥം മാറ്റാൻ പറ്റില്ല ഇവിടെ ഇപ്പം യോഗാദാഖ്യാതം സ്ത്രീപ്രത്യം എന്ന് തന്നെയാണ് ഐശ്വര്യമുള്ളവളെന്ന് തന്നെ പക്ഷേ ഇതിൻ്റെ അർത്ഥം എന്ത് ചെയ്യണം മറ്റതിനനുസരിച്ച് മാറ്റണം ബലം എന്ന് പറയുന്നത് നേരത്തെ വന്ന വാക്യത്തിനാണ് അപ്പൊ അതനുസരിച്ച് എന്ത് പറയണം വിഷ്ണുവിൻ്റെ പത്നി എന്നുള്ളതിലേക്ക് സ്വതന്ത്രയാണ് പക്ഷേ ഭരണം നടത്തുമ്പോൾ എങ്ങനെയാണോ വിഷ്ണുവിൻ്റെ എന്ന് വെച്ചാൽ ഭാര്യ വീട്ടുകാര്യങ്ങളെല്ലാം ചെയ്യും അതിന് സ്വാതന്ത്ര്യമുണ്ട് പക്ഷെ ഉണ്ടായാലും ഒരാളെ കൂടെ പരിഗണിക്കണം ഭർത്താവിനെ കൂടെ വീട്ടുകാരനെ കൂടെ ഒന്ന് വീട്ടുകാരൻ്റെ താല്പര്യം കൂടെ മനസ്സിൽ വയ്ക്കണം താൻ ചെയ്യുന്നതൊക്കെ വീട്ടുകാരനെ യോജിക്കുന്നതാണോ ഇതാണ് കഴിഞ്ഞ ദിവസം പറഞ്ഞ മാതൃകാ ദമ്പതികളെന്നുള്ളത് അപ്പൊ മനുഷ്യരിൽ ഇത്തരം വിശേഷതകളൊന്നും കാണാത്തതുകൊണ്ടാണ് സാധാരണഗതി അപൂർവമാണ് കണ്ടാൽ തന്നെ അത് അതുകൊണ്ടാണ് ഇത്തരം ഗുണങ്ങളെല്ലാം ഉള്ള ഒരു ദമ്പതിയെ ഇവിടെ സങ്കല്പിക്കുന്നു അത് പിന്നെ ഇവിടെ കാണാൻ പറ്റും ഇത്രയും പെർഫെക്ഷൻ എന്ന് പറയുന്നതിന് ഈശ്വരനെയും കാണാൻ പറ്റും ഈശ്വരന് ഈശ്വരിയിലേ കാണാൻ പറ്റും വേറെ ഒരിടത്തും കാണാൻ പറ്റത്തി മനുഷ്യനെപ്പോൾ ശ്രമിക്കുന്ന എന്താണ് അവന്റെ ഈശ്വര സങ്കല്പത്തെ സങ്കൽപ്പം കൊണ്ടെങ്കിൽ പൂർണ്ണമാക്കും സങ്കൽപ്പം കൊണ്ടെന്ന് പറയേണ്ടി വരും കാരണം എന്തുകൊണ്ട് സങ്കല്പം കൊണ്ടെന്ന് പറയുന്നു ലോകത്തിലത് കാണാനില്ലല്ലോ ലോകത്തിലത് പോലും കാണാനുണ്ടോ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ലോകത്തിലത് കാണാനില്ല അപ്പൊ പിന്നെ തന്റെ സങ്കല്പത്തിൽ അങ്ങനെ ഒരു പൂർണ്ണതയെ കണ്ടെത്തുക അങ്ങനെ ഒരു സങ്കല്പത്തിൽ പൂർണ്ണത കണ്ടെത്തുമ്പോഴാണ് ആ പൂർണ്ണതയിലാണ് ഭക്തനെന്ന് വരുന്ന ആനന്ദം വരുന്നത് താൻ കണ്ടെത്തിയ ഒരു പൂർണ്ണതയിലാണ് അതാണിങ്ങനെ ആനന്ദത്തിലാണ് അഭിസംബോധന ചെയ്യുന്നത് സംസാരിക്കുന്നത് ശ്രീ ഗുണരത്നകോശം പോലെയുള്ള കൃതികളെല്ലാം ഉണ്ടാവുന്നത് അങ്ങനെയാണ് പിന്നെ പറയുന്നു നിരപദ്ധ്യത്വം നിരപദ്ധ്യം എന്ന് പറയുന്നതിന് ഇങ്ങനെ പറയാം ഭഗവത് ഐശ്വര്യേക ഏക രസത്വം നിഗ്രഹാദി പ്രസംഗാഭാവവ പ്രതികൂല ദണ്ഡത്വം ഹി പുംസ്ത്വനുരൂപം തത് വല്ലഭസൈവ പിന്നെ നിരവധ്യം എന്ന് പറയും ഈ ഗുണരത്ന കോശത്തിനും ലക്ഷ്മിയാണ് സ്തുതിക്കുന്നത് കൂടുതൽ വിഷ്ണുവിനെ പരാമർശിക്കുമെങ്കിലും ലക്ഷ്മിയുടെ ഭക്തനായിട്ടാണ് അപ്പൊ അതിൻ്റെ പ്രത്യേകത എന്താണ് ഇവിടെ അത് ഈ വൈഷ്ണവ സങ്കല്പത്തിലാണ് മറ്റ് സങ്കല്പങ്ങളിലൊന്നും അങ്ങനെയല്ല എന്താണ് ശാക്തീയ സമ്പ്രദായത്തിലൊക്കെ എന്താണ് ദേവി എന്ന അസുരന്മാരുടെ രക്തമൊക്കെ കുടിക്കുന്നതാണ് കാണുന്നത് ഒന്ന് കഴുത്തൊക്കെ വെട്ടി അതൊക്കെ ഇവിടെ മഹാപാതകമാണ് അങ്ങനെയുള്ള ക്രൗര്യ ക്രുദ്ധ ഭാവങ്ങളൊന്നും ഇവിടെ അനുവദനീയമായ കാര്യങ്ങളാണ് അതൊക്കെ കണ്ടും കേട്ടും പഠിച്ചിട്ടുള്ളവർക്ക് കുറച്ച് വയലൻ്റായിരിക്കും അവരുടെ മനസ്സ് ഇവിടെ വരുമ്പോ അത് ശാന്തമാവും അതാണ് ഇതിന്റെ ഗുണം എന്താണ് ആരുടെ ഈ രക്തം കുടിക്കണമെന്നൊന്നും തോന്നത്തില്ല ഇത് അമ്മിലടിയൊക്കെ അതുകൊണ്ടാണ് ഈ രക്തവും രക്തം കുടിയാത്തതൊക്കെ കണ്ട് ഇങ്ങനെ മനസ്സ് മതിച്ചിരിക്കുമ്പോഴാണ് അങ്ങോട്ടും ഇങ്ങോട്ടും ഫൈറ്റ് ചെയ്യാൻ തോന്നും വയലൻസ് ഒക്കെ വരുന്നത് ഇവിടെ ഇതൊക്കെ കേട്ട് കഴിഞ്ഞാൽ ആർക്കും വയലൻസ് വരും അതുകൊണ്ടാണ് നമ്മൾ ഇതിവിടെ ചർച്ച ചെയ്തത് അതിവിടെ പ്രത്യേകം പറയുന്നു എന്താണോ നിരവധ്യം എന്ന് പറഞ്ഞാൽ എന്താണോ ഒന്ന് ഭഗവത് ഐശ്വര്യ ഏകരസം ഭഗവത് ഐശ്വര്യം ഇതുമായിട്ട് ഒരു കുറവ് ഒരു ഒരു വ്യത്യാസം പറയും എന്താണ് ഒരേ ഒരു വ്യത്യാസം സൃഷ്ടി കർമ്മം എന്ന് പറയുന്നത് അത് ഭഗവാന്റെ ജോലിയാണ് ബാക്കിയല്ല ഏകരസത്തോട് ഏകസ്വഭാവമാണ് പിന്നെ മറ്റൊന്ന് നിഗ്രഹാതിപ്രസംഗ ഭാവവ ആൾക്കാർ കൊല്ലുക അടിക്കുക ശിക്ഷിക്കുക ദണ്ഡ കൃത്യം ഇതൊന്നും ലക്ഷ്മിയുടെ പണിയല്ല അപ്പൊ അതൊക്കെ ആരാടെ ജോലിയാണ് പുരുഷന്മാരുടെ ജോലിയാണ് നമ്മുടെ വീട്ടിലും കാണുന്ന അച്ഛനിൽ നിന്നാണ് പക്ഷെ എനിക്കങ്ങനെയല്ല തിരിച്ചാ പറ്റിയിട്ടുള്ളത് ചിലടത്ത് അങ്ങനെ മാറിയും വരും നിഗ്രഹാദിപ്രസംഗ ഭാവോവ നിഗ്രഹാദി പ്രസംഗം നിഗ്രഹം പോലെയുള്ള കാര്യങ്ങളൊന്നും അതിലൊന്നും ലക്ഷ്മി ഇടപെടത്തില്ല എന്താണ് കെട്ടിയോം തല്ലിക്കോട്ടെ എന്നുള്ളൊരു മനോഭാവമാണ് പറയുന്ന പ്രതികൂല ദണ്ഡകത്വം പ്രതികൂലമായി എന്ന് വെച്ചാൽ അധർമ്മികളെ ശിക്ഷിക്കുക അതുകൊണ്ടല്ലോ പരിത്രാണായ സാധുവിന വിനാശായ ദുഷ്കൃത ഈ പണിയൊക്കെ എന്താണ് പുൻസ്വാനു രൂപം അതൊക്കെ പുരുഷന്മാർക്ക് ചേർന്ന പണിയാണ് പുരുഷന് കുറച്ചുകൂടെ എന്താണ് ഈ ശിക്ഷ പോലെയുള്ള കാര്യങ്ങൾ ചെയ്യുന്നതിനുള്ള കുറച്ചുകൂടെ കടുത്ത മനസ്സുള്ള ലക്ഷ്മി എന്ന് പറയുന്നത് വളരെ ലോലമായ മനസ്സാണ് അവിടെ അങ്ങനെ ആര് ശിക്ഷിക്കാനും നിഗ്രഹമെന്ന് പറയുന്ന അങ്ങനെ ഒരു ഒരു പരിപാടിയേ അനുഗ്രഹം മാത്രമേ കേവലം അനുഗ്രഹിക്കുന്ന ഒരു മനസ്സിൽ ശിക്ഷിക്കില്ല അതിന് വേറെ ആളുണ്ടല്ലോ പിന്നെന്തിനാ താനതി ഇടപെടുന്നത് രൂപം തദ് വല്ലഭരും അത് വല്ലഭന്റെയാണ് ശരി വല്ലഭൻ ശരി വല്ലഭനാണ് പിള്ളരെയൊക്കെ പിടിച്ചടി കൊടുക്കുന്ന അങ്ങനെ ചെറിയ വ്യത്യാസങ്ങളൊക്കെ ഉണ്ട് ഇനി ശീലം നിത്യം എന്ന് പറയുന്ന ഓരോന്നിനോട് യോജിപ്പിക്കുകയാണ് വിഭവ ഐശ്വര്യശീലം കാരണം നിത്യം നിരവധ്യം എന്ന് പറയുന്ന സ്വരൂപത്തിന് യോജിക്കണം രൂപത്തിന് യോജിക്കണം ഗുണത്തിന് യോജി അതുപോലെ ഗുണ വിഭവ ഐശ്വര്യ ശീലാദികളെല്ലാം യോജിക്കണം പരസ്പരത്തിന് അനുയോജിച്ചർത്ഥം പറയണം എന്താണ് ശീലസം മഹത്വേ സത്യപി മന്ദൈ സഹ നീരന്ധ്ര സംശ്ലേഷേ കഥാചിതപി സ്വ ഉത്കർഷപ്രകാശന അഭാവം അപ്പോ ലക്ഷ്മിയുടെ പ്രത്യേകത പറയുകയാണ് ഇടപെടുന്നവരാണ് ഭക്തന്മാരുമായിട്ട് ഭക്തന്മാരും പറയുന്നവരാണ് മന്ദന്മാരും മന്ദന്മാരാണല്ലോ അവരുമായിട്ടാണ് ഇടപെടുന്നത് അപ്പം അവരുമായിട്ട് ഉള്ള ബന്ധം എന്താണ് നീരന്ധ്ര സംബന്ധം വെച്ചാൽ ദൃഢ സംബന്ധമാണ് ഭക്തന്മാർക്കെല്ലാം ബന്ധമാണ് രന്ധ്രം എന്ന് വെച്ചാൽ എന്താണ് പഴുതുകൾ പഴുതടച്ച എന്ന് പറയുന്ന മലയാളത്തിൽ പഴുതടച്ച ബന്ധം അതാണ് നീരന്ധ്ര സംശ്ലേഷ സംബന്ധം എന്ന് ദൃഢമായ ബന്ധമാണ് ഒലഞ്ഞു പോകുന്ന ബന്ധങ്ങൾ മാറിപ്പോകുന്ന ബന്ധങ്ങൾ അപ്പോ ഈ ബന്ധമൊക്കെ ആരുമായിട്ടാ ഉള്ളത് മന്ദബുദ്ധികളുമായിട്ട് ഉണ്ടാകുന്നു അപ്പോ അങ്ങനെ ഒന്ന് അവരുമായിട്ട് ദൃഢമായ ബന്ധം ഉണ്ടായിരിക്കുക എന്നാൽ അവരും മന്ദബുദ്ധികളായിരിക്കുക അങ്ങനെയുള്ള ഒരു സന്ദർഭത്തിൽ പോലും എന്താണ് ശ്രീയുടെ മഹത്വത്തെ കുറിച്ച് പറയുകയാണ് സ്വയം അവരുടെ മുമ്പിൽ തൻ്റെ ഉത്കർഷത്തെ തൻ്റെ മേന്മയെ തൻ്റെ മഹത്വത്തെ ഒരു തരത്തിലും പ്രകർശ എന്താണ് പ്രദർശിപ്പിക്കുന്നില്ല എന്ന് പറയുമ്പോൾ എന്താണ് അത് മനുഷ്യരുടയിൽ കാണുന്ന ഒരു കാര്യമില്ല നമുക്കാരോടെങ്കിലുമൊക്കെ വളരെ സ്നേഹവും വാത്സല്യവും അടുപ്പവും എല്ലാം ഉണ്ടായിരുന്നാലും അതൊക്കെ ഉണ്ടാകാം മനുഷ്യരുടെക്ക് തന്നെ പരസ്പരം അതൊക്കെ നമുക്കുണ്ടാകും നമ്മൾ പറയാറില്ല നീ എൻ്റെ ആത്മസുഹൃത്താണ് എന്നൊക്കെ പറയാറില്ല അങ്ങനെ ആത്മബന്ധങ്ങൾ നമ്മൾ പലരുമായിട്ട് ഉണ്ടാക്കാറുണ്ട് പക്ഷേ എന്തെങ്കിലും ഒരു അവസരം വരുമ്പോൾ തൻ്റെ മേന്മയെ പ്രകടിപ്പിക്കാൻ ഉള്ള അവസരം നമ്മൾ കൈവിടാറില്ല അങ്ങനെ ആരെങ്കിലും കൈവിടാറുണ്ടോ അപ്പം മനുഷ്യരിൽ അത് കാണത്തില്ല ഇവിടെ പറയുന്നു സ്വത്കർഷത്തെ ലക്ഷ്മി ഭക്തന്മാരുടെ മുമ്പിൽ ഒരിക്കലും പ്രകടിപ്പിക്കുന്നില്ല മഹത്വത്തെ അവിടെ മുമ്പിൽ ഒരിക്കലും കാണിക്കുന്നില്ല മന്ദന്മാരാണെങ്കിലും അത് അതാണ് മഹത്വം ഉത്കർഷം അത് പ്രകടിപ്പിക്കാതിരിക്കുക എന്നുള്ളതാണ് മഹത്വം മഹത്വം ഉണ്ടായിരുന്നിട്ടും അത് ഒരു കാരണം ലോകം ഭരിക്കുന്ന ആളാണ് ഐശ്വര്യം ശക്തി ശേഷി എല്ലാം അപ്പൊ ഇത് മനുഷ്യരിൽ കാണുന്ന കാര്യമില്ല ആണ് പറയുന്നത് അവന്റെ ഭാവനയിലെ ഇതൊക്കെ കാണാൻ പറ്റും ഭാവനയുടെ പരമകാഷ്ടയിലെ ഇത്തരം ഗുണങ്ങൾ കാണാൻ പറ്റും മനുഷ്യരിൽ കാണാത്ത ഗുണങ്ങൾ എവിടെയുണ്ടോ അതാണ് ദൈവം എന്ന് പറയും അപ്പൊ ഇങ്ങനെയൊക്കെയുള്ള ഗുണവിശേഷങ്ങൾ അത് നമ്മളിതേന്ന് മനസ്സിലാക്കേണ്ട ഇത്രയാണ് ഇങ്ങനെയുള്ള ഗുണവിശേഷങ്ങൾ ഉണ്ടാകേണ്ടതാണ് പക്ഷെ നിർഭാഗ്യവെച്ചാൽ എന്താണ് നമ്മളിതൊന്നും ഉണ്ടാകുന്നില്ല അതൊരു യാഥാർത്ഥ്യമാണ് ഇതൊക്കെ നല്ലതല്ലേ എന്തെങ്കിലും ഒരു മഹത്വം ശേഷിയുണ്ടെങ്കിൽ അത് പ്രകടിപ്പിക്കാതിരിക്കുമെങ്കിൽ പ്രത്യേകിച്ച് സാധുക്കളുമെന്ന് നല്ലതല്ലേ പക്ഷെ നമുക്കത് പറ്റൂ നമ്മൾ അങ്ങനെ നമ്മൾ ഡബിൾ കാണിക്കുക എന്ന് വെച്ചാൽ തനിക്ക് അധികാരമുണ്ടെങ്കിൽ ആ അധികാരം പ്രകടിപ്പിക്കും തനിക്ക് ശേഷിയുണ്ടെങ്കിൽ അത് പ്രകടിപ്പിക്കും അതാരും ഒളിച്ചു വയ്ക്കത്തില്ല എന്തും ഏത് കാര്യമായി എനിക്ക് അറിവുണ്ടെങ്കിൽ എന്ത് ചെയ്യും അത് പ്രകടിപ്പിക്കും എന്ത് ശേഷിയായിരിക്കും മനുഷ്യനെപ്പോൾ ഉള്ളൊരു പ്രത്യേകതയാണ് പ്രകടനപരത എല്ലാം പ്രകടിപ്പിക്കുക ആ പ്രകടനപരിത എന്തിനാണ് സന്തോഷിപ്പിക്കുന്നത് അവനവൻ്റെ അഹന്തയാണ് അഹന്തയെ തൃപ്തിപ്പെടുത്താനാണ് ഇതൊക്കെ ചെയ്യുന്നത് അല്ലെങ്കിൽ പിന്നെ നമ്മൾ എന്തിനാ ഇതൊക്കെ പ്രകടിപ്പിക്കുന്ന മറ്റുള്ളവരുടെ മുമ്പിൽ നമ്മുടെ അഹന്തയ്ക്കൊരു സംതൃപ്തി വരാൻ വേണ്ടിയാണ് ഇവിടെ പറയുന്ന ശ്രീ ഇതൊന്നും പ്രകടിപ്പിക്കുന്നില്ല എന്ന് പറഞ്ഞാൽ എന്താണ് അവിടെ അഹന്ത സംതൃപ്തി അങ്ങനെ ഉള്ള മാനുഷികമായ ഒരു ഗുണം ഇല്ല അതാണ് ഈശ്വരീയത എന്ന് പറയുന്നത് എന്ന് പറയുന്നത് ശീലസന്നിത്യത്വം മഹത്വീ സത്യവി മഹത്വ സത്യവി എന്ന് പറഞ്ഞാൽ എന്താണ് എല്ലാ മഹത്വങ്ങളും ഉണ്ട് അവിടെ ഉണ്ട് മന്ദി സഹ നീരന്ത്ര സംശേഷം മറ്റുള്ളവരുമായിട്ട് അടുത്ത ബന്ധവും ഉണ്ട് ഉണ്ടെങ്കിലും കഥാചിതം ഒരിക്കൽ പോലും സ്വത്കർഷ പ്രകാശം അഭാവ തന്റെ ഉത്കർഷത്തെ പ്രകടിപ്പിക്കാതിരിക്കുക എന്ന് പറയുന്നു അപ്പോ ഇത്തരം എന്താണ് ഇത് മനുഷ്യരിൽ കാണുന്നില്ലെന്നാണ് പറയുന്നത് പക്ഷേ ഇത്തരം മഹത്തായ ആശയങ്ങൾ കണ്ടെത്തുക എന്ന് പറയുന്നതും പ്രയാസവും ചിന്തകൾ മനുഷ്യർക്ക് കൊടുക്കുക എന്ന് പറയുന്നതും അത് ഇതുപോലെയുള്ള വേദാന്ത ദേശീയനെ പോലെയുള്ള എന്താണ് ആൾക്കാർക്ക് അങ്ങനെ ഒരു ചിന്ത തന്നെ മനുഷ്യർക്ക് കൊടുക്കാൻ ഇത് വല്ലതും ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട് രാമാനുജാചാര്യ ഇതുവല്ല എഴുതിയിട്ടുണ്ട് ഒന്നുമില്ല അതിന് ഒരുപക്ഷെ മറ്റ് പഞ്ചരാത്രം പോലെയുള്ള കൃതികളിലൊക്കെ ഈ വിഷയങ്ങൾ ചർച്ച ചെയ്യുന്നുണ്ടായില്ല നമുക്കറിയത്തില്ല പക്ഷേ അത് ആചാര്യനെ അതിനെ വെളിപ്പെടുത്തുകയാണ് മനുഷ്യരത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഇതൊക്കെയാണ് മനുഷ്യന്റെ ഇടയിൽ വരേണ്ട മഹത്തായ ആശയങ്ങൾ ആദർശങ്ങൾ കാഴ്ചപ്പാടുകൾ എന്നുള്ളതൊക്കെ നിരവധിത്വം തത്ര അഭിപ്രായംഭ അഭിപ്രായ വില ഇനി വേറൊരു നമ്മുടെ മനുഷ്യരിൽ കാണുന്ന ഒരു പ്രത്യേകതയാണ് വിപ്രലംഭാഭിപ്രായം നമ്മൾ ചിലപ്പോൾ നല്ലതിനു വേണ്ടിയായിരിക്കും എന്നാൽ ഈ വിപ്രലംഭ അഭിപ്രായം നമുക്കുണ്ടാവും നമ്മുടെ കൂടെപ്പുറപ്പാണ് കൂടെ പോലും ഉണ്ടാവും മനുഷ്യനാണോ അതുണ്ടായിരിക്കും ഒരു ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ മഹാഭാരതത്തിൽ പ്രസിദ്ധമായ ഒന്നാണല്ലോ അശ്വത്ഥാമ ഹത എന്ന് പറഞ്ഞാണ് വിപ്രലംഭ അപ്പോ ദ്രോണനെ പോലെ വളരെ സത്യനിഷ്ഠനായ ഒരാൾ തൻ്റേതായ ധർമ്മത്തിൽ തൻ്റേതായ സത്യത്തിൽ ഉറച്ചയിക്കുന്ന ഒരാൾ അപ്പൊ തൽക്കാല ജയത്തിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യുന്നു ധർമ്മപുത്തരവിന് തന്നെയാണ് ധർമ്മപുത്രനും ധർമ്മത്തിൽ ഉറച്ചയ്ക്കുന്ന ആളാണ് എന്നിട്ട് കൂടി വിളിച്ചു പറഞ്ഞെന്താണ് അശ്വത്ഥാമ കഥ ഈ വാക്യത്തെയാണ് പറയുന്നത് വിപ്രലംബവാക്യം മറ്റൊരാളെ പറ്റിക്കണമെന്നുള്ള ഉദ്ദേശത്തോടുകൂടി പറയുന്ന ഒരു വാക്യം അത് നോക്കുകയാണെങ്കിൽ തർക്കിക്കാം നമ്മൾ ബുദ്ധിമാന്മാരാണ് നമ്മൾ അത് ഭാവിയിൽ ആത്യന്തികമായി മഹാഭാരത യുദ്ധത്തിൽ എന്ത് ചെയ്യണം അർജുന പക്ഷം ധർമ്മത്തിടെ പക്ഷം ജയിക്കണം എന്നാലേ ധർമ്മം സ്ഥാപിക്കാൻ പറ്റും കൊക്കാണ് കോണാണെന്നൊക്കെ പറഞ്ഞ് നമ്മളെന്ത് ചെയ്യും ഇതിനുവേണ്ടി ഒരുപാട് വാചക കസരത്തുകളൊക്കെ നടത്തും ധർമ്മത്തിൻ്റെ വിജയം ആത്യന്തികമായ വിജയം ആ ധർമ്മത്തിലൂടെ ആയാലും വലിയ പ്രശ്നമൊന്നുമില്ല അതുകൊണ്ട് എന്ത് ചെയ്യാം വഞ്ചനാവാക്യങ്ങൾ നമുക്ക് പ്രയോഗിക്കാം എന്ന് പറഞ്ഞ് നമ്മൾ നമ്മളെ തന്നെ എന്ത് ചെയ്യും പക്ഷേ ഇത് ന്യായീകരിനൊക്കെ എന്ത് ചെയ്തിട്ടാണ് ചെയ്യുന്നത് വഞ്ചനവാക്യങ്ങൾ പ്രയോഗിച്ചിട്ടാണ് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ നിരന്തരം പ്രയോഗിക്കുന്ന ഒരു കാര്യമാണ് എന്നിട്ട് നമ്മൾ പറയാം കള്ളം പറഞ്ഞു നല്ലതിന് വേണ്ടിയിട്ടാണ് എന്നൂടെ പറയും അപ്പോ മനുഷ്യന്റെ ബുദ്ധി എന്ന് പറയുന്നത് ദോഷ ഭൂയിഷ്ടമാണ് ഒരുപാട് ദോഷങ്ങളോട് കൂടിയതാണ് ഒരുപാട് കാപ്പട്ട്യങ്ങളോട് കൂടിയതാണ് മനുഷ്യനാണോ അവനോടൊപ്പം ഇതെല്ലാം ഉണ്ടായി അപ്പൊ അവൻ ഈ വിപ്രലംബ വാക്യം നിരന്തരം പ്രയോഗിക്കേണ്ടി ഒരു അത് ഒഴിവാക്കാൻ പറ്റത്തില്ല ഇതൊക്കെ പറയുന്നത് മനുഷ്യൻ കുറച്ച് തന്നാവാൻ വേണ്ടിയിട്ടാണ് അതൊക്കെ കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ് ഇല്ലാതാകുമെന്നുള്ള പ്രതീക്ഷയില്ല കുറച്ച് കുറയ്ക്കുക കുറഞ്ഞ പക്ഷം മറ്റുള്ളവരെ വഞ്ചിക്കാനും ചതിക്കാനും വേണ്ടിയെങ്കിലും അത് ഉപയോഗിക്കാതിരിക്കുക അത് പറ്റുമല്ലോ വേറൊരാളെ പറ്റിക്കാൻ വേണ്ടിയിട്ട അത് നമുക്ക് നമ്മുടെ ചില ബോധ്യങ്ങൾ ശരിയാണെന്നുള്ള ബോധ്യങ്ങൾ അത് എന്താണ് അത് ബോധ്യങ്ങളുണ്ട് നോക്കി ഇതാണ് ശരി പക്ഷേ അതിനെ നമ്മൾ മറച്ചു വെച്ചിട്ട് എന്ത് ചെയ്യുന്നു വേറെ രീതിയിൽ കാര്യങ്ങൾ സംസാരിക്കുക അതാണ് വിപ്രലംബ വാക്യം എന്ന് പറയുന്നത് നമ്മൾ ബോധ്യപ്പെട്ടാൽ നമ്മൾ പറയണം നഷ്ടമുണ്ടായാൽ നമ്മുടെ ലാഭവും നഷ്ടവും ഒന്നും ചിന്തിക്കരുത് അപ്പൊ എന്തുകൊണ്ട് നമുക്ക് ബോധ്യങ്ങൾ പറയാൻ പറ്റില്ല കാരണങ്ങൾ നമുക്കുള്ളത് വിപ്രലംബ മനസ്സാണ് വഞ്ചനാത്മകമായ മനസ്സാണ് പാപം മനുഷ്യ മനുഷ്യനിലുണ്ട് എന്നാണ് ഞാൻ ഇവിടെ ധർമ്മശാസ്ത്രം പറയുന്ന സമാധാനം മനുഷ്യൻ്റെ ഉള്ളിൽ പാപമുണ്ട് അതുകൊണ്ട് അവൻ എന്ത് ചെയ്യുന്നു അവരുടെ മനസ്സ് വഞ്ചനാത്മകമാണ് അങ്ങനെ ഒരു മനസ്സുള്ളതുകൊണ്ട് നമ്മളത് ചെയ്യും നമ്മുടെ ബോധ്യങ്ങളെല്ലാം നമ്മൾ മറ്റുള്ളവരോട് സംസാരിക്കുന്നതാണോ ഒരിക്കലുമല്ല അവിടെയൊക്കെ നമ്മൾ വഞ്ചന നമ്മൾ മറ്റുള്ളവരി എന്ത് ചെയ്യും നമുക്ക് തെറ്റെന്ന് ബോധ്യമുള്ള കാര്യം മറ്റുള്ളവർ നമ്മൾ എന്ത് ചെയ്യും ശരിയെന്ന് ബോധ്യപ്പെടുത്തും മനുഷ്യ സാധനം ചെയ്യുന്ന കാര്യങ്ങളാണ് ഒരുപാട് ഉദാഹരണങ്ങൾ പറയാനോ രാമായണം ഒന്ന് എന്താണ് ഗൗരവമായിട്ട് പഠിച്ചു നാഴത്തി പഠിച്ചു എനിക്ക് തോന്നി അതിനുള്ള പല ആശയങ്ങളും തെറ്റാണ് പക്ഷെ നിങ്ങളുടെ ആഗ്രഹം എന്താണ് അതൊക്കെ ശരിയാണെന്ന് ഞാൻ പറയുന്നു എന്നാലും നിങ്ങൾക്ക് സമാധാനം എനിക്ക് അത് പറയാൻ കഴിയുന്നില്ല അതാണ് നമ്മുടെ രണ്ടുപേരും നമ്മളുടെ പ്രശ്നം ആ പ്രശ്നം പരിഹരിക്കാനും പോകുന്നില്ല ഒരിക്കലും ഞാൻ വിചാരിച്ചാൽ പരിഹരിക്കാൻ പറ്റില്ല നിങ്ങളുടെ കേൾക്കാൻ ഇഷ്ടപ്പെടുന്ന എനിക്ക് പറയാൻ പറ്റുന്നില്ല എന്നുവെച്ചാൽ ഞാൻ പരമവിശുദ്ധനൊന്നുമല്ല ചില കാര്യങ്ങളിലെങ്കിലും അങ്ങനെയാണ് നമ്മുടെ കാഴ്ചപ്പാടുകളിൽ നമ്മുടെ ബോധ്യങ്ങളിലെങ്കിലും അത് പാലിക്കണമെന്നുണ്ട് അല്ലെങ്കിൽ നിങ്ങളെപ്പോലെ തന്നെ പ്രലംഭക വാക്യങ്ങളൊക്കെ ഞാനും ആവശ്യം പോലെയൊക്കെ പ്രയോഗിക്കാറുണ്ട് എന്തായാലും നമ്മൾ അന്വേഷിക്കുകയും കണ്ടെത്തുകയും ചെയ്യുന്ന നമ്മുടെ ബോധ്യങ്ങൾ അതിനെ വളച്ചൊടിക്കുക തിരിച്ചു പറയുക എന്നൊക്കെ പറഞ്ഞാൽ എനിക്ക് ബുദ്ധിമുട്ടുള്ള കാര്യം സാധിക്കുന്ന കാര്യമില്ല അത് തന്നെ പറഞ്ഞുകൊണ്ടേ പക്ഷേ അത് എന്ത് ചെയ്യും നിങ്ങളുടെ അത് അസ്വസ്ഥരാ പക്ഷേ അതിന് ഉള്ള മറുമരുന്നിൻ്റെ കയ്യിലില്ല ചില ഭാഗങ്ങളിലെങ്കിലും നമ്മൾ കുറെയെങ്കിലും എന്ത് ചെയ്യണം ഇത് ഒഴിവാക്കണം എന്നുള്ളതാണ് നമ്മുടെ ബോധ്യങ്ങളിൽ നമ്മുടെ വാക്ക് ഉറച്ചു നീക്കണം അപ്പൊ ഇവിടെ പറയുന്നു എന്താണ് സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം വിപ്രലംബ അഭിപ്രായം വിപ്രലംബ അഭിപ്രായം വഞ്ചനാത്മകമായ വാക്യങ്ങൾ അത് ലേശം പോടില്ല എന്നാണ് അത് മനുഷ്യനുണ്ടോ ഇല്ല ഇല്ലാത്തൊരു ഗുണമാണ് അവിടെ കാണുന്നതെന്നാണ് പറയുന്നത്